ീം നിവാസികൾ വന്ന് ഈ ഹോവയുടെ പെട്ടകമെടുത്ത് കുന്നിന്മേൽ അബിനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവന്റെ മകനായ എലയാസാരിനെ ഈ ഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു പെട്ടകം കിരിയത് എയാരിമിലായിട്ട് ഏറിയ കാലം ഇരുപത് സംവത്സരം തന്നെ കഴിഞ്ഞു ൽഗ്രഹമൊക്കെയും യഹോവയോട് വിലപിച്ചു അപ്പോൾ ശമുവേൽ എല്ലാ ഇസ്രയേൽ ഗ്രഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവെങ്കിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യ ദൈവങ്ങളെയും അസ്തോരപ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയങ്കലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുകയും എന്നാൽ അവൻ നിങ്ങളെ ഫിലിസ്തീനരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോര പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു അനന്തരം ശമു എല്ലാ ഇസ്രയേലിനെയും മിസ്ബയിൽ കൂട്ടുവിനും ഞാൻ നിങ്ങൾക്കുവേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു അവർ മിസ്ബയിൽ ഒന്നിച്ച് കൂടി വെള്ളം കോരി യഹോവയുടെ സന്നദ്ധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു പിന്നെ ഷമുവേൽ മിസ്ബയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു ഇസ്രായേൽ മക്കൾ മിസ്ബയിൽ ഒന്നിച്ചുകൂടിയെന്ന് ഫിലിസ്റ്റിയർ കേട്ടപ്പോൾ ഫിലിസ്തീയ പ്രഭുക്കന്മാർ ഇസ്രയേലിന്റെ നേരെ പുറപ്പെട്ടുവന്നു ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്തീനെ ഭയപ്പെട്ടു ഇസ്രായേൽ മക്കൾ ഷമുവേലിനോട് നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫലിസ്തീരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്കുവേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്നു പറഞ്ഞു അപ്പോൾ ഷമുവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗഹോമം കഴിച്ചു േലിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ ഉത്തരമരുമുവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്തീർ ഇസ്രയേലിനോട് പടയ്ക്ക് അടുത്തു എന്നാൽ യഹോവ അന്ന് ഫെലിസ്തീരുടെ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു അവർ ഇസ്രയേലിനോട് തോറ്റുറ്റു ഇസ്രയേലില് മിസ്ബയിൽ നിന്ന് പുറപ്പെട്ടു ഫിലിസ്തീരെ പിന്തുടർന്നു ബെത്കാരിന്റെ താഴെ വരെ അവരെ സംഹരിച്ചു പിന്നെ ഷമുവൽ ഒരു കല്ലെടുത്ത് മിസ്ബയ്ക്കും ഷേനിനും മധ്യെ നാട്ടിയി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് യബൻസർ എന്ന് പേരിട്ടു ഇങ്ങനെ ഫിലിസ്തീർ ഒതുങ്ങി പിന്നെ ഇസ്രയേൽ ദേശത്തേക്ക് വന്നതുമില്ല ഷമുവേലിന്റെ കാലത്തൊക്കെയും യഹോബയുടെ കൈ ഫിലിസ്തീർക്ക് വിരോധമായിരുന്നു യക്രോൻ മുതൽ ഗത്തുവരെ ഇസ്രയേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രയേലിന് തിരികെ അവയുടെ അതിർ ഇസ്രായേൽ ഫിലിസ്തീടെ കൈയിൽ നിന്ന് വിടുവിച്ചു ഇസ്രയേലിലും അമോരിയലും തമ്മിൽ സമാധാനമായിരുന്നു ശമുവേൽ ജം ഇസ്രയേലിന്യം അവൻ ആണ്ടുതോറും ഗിൽഗാലിലും മിസ്ബയിലും ചുറ്റി സഞ്ചരിച്ചു അവിടവിടങ്ങളിൽ വെച്ച് ഇസ്രയേലിന് ന്യായപാലനം ചെയ്തിട്ട് രാമയിലേക്ക് മടങ്ങിപ്പോരൂരും അവിടെയായിരുന്നു അവന്റെ വീട് അവിടെ വെച്ചും അവൻ ഇസ്രയേലിന് ന്യായഫലനം നടത്തിവന്നു യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠവും പണിതിരുന്നിരുന്നു